നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് പറയപ്പെടും അങ്ങനെ അവർ അവരെ വിളിക്കും എന്നാൽ അവർ അവർക്ക് മറുപടി നൽകുകയില്ല അവർ ശിക്ഷയെ കാണുകയും ചെയ്യും അവർ നേർവഴിയിലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ